ം ആറ് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തന്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് പോഷ്കു പറക കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുക എങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഫോഷ്കു പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തന്റെ പക്കൽ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതോ കീയും കൂടി പകരം കൊടുക്കണം അതിർത്തിയാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം അതിർത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പുപോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകർത്യയാഗമായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവനുവേണ്ടി പ്രായച്ചു ണം എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ അഹരനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് ഹോമയാഗത്തിന്റെ പ്രമാണമാവിത് ഹോമയാഗം രാത്രി മുഴുവനും ഉഷസുവരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെത്തി അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കിധരിച്ച് പഞ്ഞി നൂൽകൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായ വെണ്ണീറെടുത്ത് യാഗപീഠത്തിന്റെ ഒരു ഇടണം അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിനു പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം പുരോഹിതൻ ഉഷസു തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ്സ് ദഹിപ്പിക്കണം യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ഭോജനയാഗത്തിന്റെ പ്രമാണമാവിത് അഹരുടെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ മുമ്പിൽ അത് അർപ്പിക്കണം ഭോജനയാഗത്തിന്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ ഭോജനയാഗത്തിന്മേലുള്ള കുന്തിരിക്ക മുഴുവനുമെടുത്ത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൌരഭ്യവാസനയായി ദഹിപ്പിക്കണം അതിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാരും തിന്നേണം ഒരു വിശുദ്ധ സ്ഥലത്തു വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നേണം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നേണം അത് പുളിച്ച മാവ് ചുടരുത് എന്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു അത് പാപയാഗം പോലെയും അകർത്തിയ യാഗം പോലെയും അതിവിശുദ്ധം അഹരോന്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശം ആകുന്നു അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവിത് ഒരു ഇടങ്ങഴി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടണം അത് കുതിർത്ത് കൊണ്ടുവരേണം ചുട്ടകഷ്ണങ്ങൾ ഭോജനയാഗമായി യഹോവയ്ക്ക് സൌരഭ്യവാസനയായി അർപ്പിക്കണം അവന്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോവയ്ക്ക് ദഹിപ്പിക്കണം പുരോഹിതന്റെ ഭോജനയാകം മുഴുവനും ദഹിപ്പിക്കണം അത് പിന്നരുത് യഹോവ പിന്നെയും മോശയോട് അരുളി നീ അഹരോനോടും പുത്രമാരോടും പറയേണ്ടത് എന്തെന്നാൽ പാപയാഗത്തിന്റെ പ്രമാണമാവിത് ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്തുവെച്ച് പാപയാഗമൃഗത്തെയും ഈ ഹോവയുടെ സന്നദ്ധിയിൽ അറുക്കേണം അത് അതിവിശുദ്ധം പാപത്തിനുവേണ്ടി അതർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്തു വെച്ച് അത് തിന്നേണം അതിന്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം അതിന്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വച്ച് കഴുകണം അത് വേവിച്ച മൺപാത്രം ഉടച്ച് കളയണം ചെമ്പുകലത്തിൽ വേവിച്ചു എങ്കിൽ അത് തേച്ചു മുഴക്കി വെള്ളം കൊണ്ട് കഴുകണം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം അത് അതിവിശുദ്ധം എന്നാൽ വിശുദ്ധമനിരത്തിൽ പ്രായശ്ചിത്വം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാകത്തെ പിന്നരുത് അത് തീയിലിട്ട് ചുട്ട് കളയണം